മർക്കോസ് എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം മർക്കോസ് എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പിന്നെ അവൻ അവരോട് ദേവരാജൻ ശക്തിയോടെ വരുന്നത് മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ടെന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു ആറ് ദിവസം കഴിഞ്ഞ യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹനാനേയും ഒരു ഉയർന്ന മലയിലേക്ക് തനിച്ചു കൊണ്ടുപോയി അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിപ്പാൻ കഴിയാത്ത വെണ്ണം അവന്റെ വസ്ത്രം അത്യന്തം വെളുപ്പായി തിളങ്ങി അപ്പോൾ ഏലിയാവും മോശവും അവർക്ക് പ്രത്യക്ഷമായി യേശുവിനോട് സംഭാഷിച്ചുകൊണ്ടിരുന്നു പത്രോസ് യേശുവിനോട് റെബി നാം ഇവിടെ ഇരിക്കുന്നത് ഞങ്ങൾ മൂന്ന് കൂടുതൽ ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്നു ഏലിയാവനു എന്ന് പറഞ്ഞു താൻ എന്തു പറയേണ്ടെന്നു അവൻ അറിഞ്ഞില്ല അവർ ഭയപരവശരായിരുന്നു പിന്നെ ഒരു മേഘം വന്നു അവരുടെ മേൽ നിഴലിട്ടു ഇവനെന്റെ പ്രിയപുത്രൻ ഇവന് ചെവികൊടുപ്പിൻ എന്നും മേഘത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായി പെട്ടെന്ന് അവർ ചുറ്റും നോക്കിയാറെ തങ്ങളോടുകൂടെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല അവർ മലയിൽ നിന്നും ഇറങ്ങുമ്പോൾ മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റിട്ടല്ലാതെ ഈ കണ്ടത് ആരോടും അറിയിക്കരുത് എന്ന് അവൻ അവരോട് കൽപ്പിച്ചു മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്ക എന്നുള്ളത് എന്ത് എന്ന് തമ്മിൽ തർക്കിച്ചും അവർ ആ വാക്ക് ഉള്ളിൽ സംഗ്രഹിച്ചു ഏലിയ മുമ്പേ വരേണ്ടത് എന്ന് ശാസ്ത്രിമാർ വാദിക്കുന്നത് എന്ത് എന്ന് അവർ ചോദിച്ചു അതിന് യേശു ഏലിയാവും മുമ്പേ വന്ന് സകലവും യഥാസ്ഥാനത്താക്കുന്നു സത്യം എന്നാൽ മനുഷ്യപുത്രനെക്കുറിച്ച് അവൻ വളരെ കഷ്ടപ്പെടുകയും ധീക്കരിക്കപ്പെടുകയും ചെയ്യേണ്ടിവരും എന്ന് എഴുതിയിരിക്കുന്നത് എങ്ങനെ ഏലിയാവ് വന്നു അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതുപോലെ അവർ തങ്ങൾക്ക് തോന്നിയത് എല്ലാം അവനോട് ചെയ്തു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം പറഞ്ഞു അവൻ ശിഷ്യന്മാരുടെ അടുക്ക വലിയ പുരുഷാരം അവരെ ചുറ്റി നിർക്കുന്നതും ശാസ്ത്രിമാർ അവരോട് തർക്കിക്കുന്നതും കണ്ടു പുരുഷാരോ അവനെ കണ്ട ഉടനെ ഭ്രമിച്ചു ഓടി വന്നു അവനെ വന്ദിച്ചു അവനവരോട് നിങ്ങൾ അവരുമായി തർക്കിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു അതിന് പുരുഷാരത്തിൽ ഒരുത്തൻ ഗുരുവോ ഊമനായ ആത്മാവുള്ള എന്റെ മകനെ ഞാൻ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു അതു അവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു പിന്നെ അവൻ നുരച്ച് പല്ലികടിച്ച് വരണ്ടുപോകുന്നു അതിനെ പുറത്താക്കേണ്ടത് ഞാൻ നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്ന് ഉത്തരം പറഞ്ഞു അവൻ അവരോട് അവിശ്വാസമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും എത്രത്തോളം നിങ്ങളെ പൊറുക്കും അവനെ എന്ത് അടുക്കൾ കൊണ്ടുവരുവീൻ എന്ന് ഉത്തരം പറഞ്ഞു അവർ അവനെ അവന്റെ അടുക്കൾ അവനെ കണ്ട ഉടനെ ആത്മാവ് അവനെ ഇഴച്ചു അവൻ നിലത്ത് വീണ് നുര ഇതു അവന് സംഭവിച്ചിട്ട് എത്ര കാലമായി എന്ന് അവന്റെ അപ്പനോട് ചോദിച്ചതിനും അവൻ ചെറുപ്പം മുതൽ തന്നെ അതു അവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട് നിന്നാൽ വലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞു ഞങ്ങളെ സഹായിക്കണമേ എന്നു പറഞ്ഞു യേശു അവനോട് നിന്നാൽ കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്നു പറഞ്ഞു ബാലന്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു എന്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്ന് പറഞ്ഞു എന്നാരെ പുരുഷാരെ ഓടിക്കൂടുന്നത് യേശു കണ്ടിട്ട് അശുദ്ധാത്മാവിനെ ശാസിച്ചു ഊമനും ചെകടനുമായ ആത്മാവേ ഇവനെ വിട്ടുപോകു ഇനി അവനിൽ കടക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അത് നിലവിളിച്ചു അവനെ വളരെ ഇടിച്ചു പുറപ്പെട്ടു പോയി മരിച്ചുപോയി എന്ന് പലരും പറവാൻ തക്കണം അവൻ മരിച്ച പോലെ ആയി യേശു അവനെ കൈക്ക് പിടിച്ച് നിവൃത്തി അവൻ എഴുന്നേറ്റു വീട്ടിൽ വന്ന ശേഷം ശിശുന്മാർ സ്വകാര്യമായി അവനോട് ഞങ്ങൾക്ക് അതിനെ പുറത്താക്കാൻ കഴിയാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു പ്രാർത്ഥനയാൽ അല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകയില്ല എന്നു അവൻ പറഞ്ഞു അവിടെ നിന്നു അവർ പുറപ്പെട്ടു ഗലീലയിൽ കൂടി സഞ്ചരിച്ചു അത് ആരും അവൻ ഈച്ഛിച്ചു അവൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു അവരോട് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ അവർ അവനെ കൊല്ലും കൊന്നിട്ട് മൂന്നുനാൾ കഴിഞ്ഞ ശേഷം അവൻ ഉയർന്നിരുന്നേൽക്കും എന്ന് പറഞ്ഞു ആ വാക്കു അവർ ഗ്രഹിച്ചില്ല അവനോട് ചോദിപ്പാനോ ഭയപ്പെട്ടു അവൻ കഭർദ്ദൂമിൽ വന്നു വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ വഴിയിൽ വെച്ച് തമ്മിൽ വാദിച്ചത് എന്ത് എന്നു അവരോട് ചോദിച്ചു അവരോ തങ്ങളുടെ ഇടയിൽ വലിയവൻ ആർ എന്നു വഴിയിൽ വെച്ച് വാദിച്ചതുകൊണ്ട് മിണ്ടാതിരുന്നു അവൻ ഇരുന്നു പന്തിരുവരെയും വിളിച്ചു ഒരുവൻ മുമ്പൻ ആകുവാൻ ഇച്ഛിച്ചാൽ അവൻ എല്ലാവരിലും ഒടുക്കത്തവനും എല്ലാവർക്കും ശുശ്രൂഷകനും ആകണം എന്നു പറഞ്ഞു ഒരു ശിശുവിനെ എടുത്തു അവരുടെ നടുവിൽ നിർത്തി അണച്ചുകൊണ്ട് അവരോട് ഇങ്ങനെയുള്ള ശിശുക്കളിൽ ഒന്നിനെ എന്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നവന് എന്നെയല്ല എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു എന്നു പറഞ്ഞു യോഹനാൻ അവനോട് ഗുരു ഒരുവൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു അവൻ നമ്മെ അനുഗമിക്കായി ഞങ്ങൾ അവനെ വിരോധിച്ചു എന്ന് പറഞ്ഞു അതിന് യേശു പറഞ്ഞത് അവനെ വിരോധിക്കരുത് എന്റെ നാമത്ത് ഒരു വീര്യപ്രവൃത്തി ചെയ്തിട്ട് വേഗത്തിൽ എന്നെ ദുഷിച്ച് പറയാൻ കഴിയുന്നവൻ ആരുമില്ല നമുക്ക് പ്രതികൂലമല്ലാത്തവൻ നമുക്ക് അനുകൂലമല്ലോ നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ എന്നീ നാമത്തിൽ ആരെങ്കിലും ഒരു പാനപാത്രം വെള്ളം നിങ്ങൾക്ക് കുടിപ്പാൻ തന്നാൽ അവന് പ്രതിഫലം കിട്ടാതിരിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ഇടച്ചു വരുത്തുന്നവന്റെ കഴുത്തിൽ വലിയൊരു തിരികല്ലു കെട്ടി അവനെ കടലിൽ ഇട്ടുകളയുന്നത് അവന് ഏറെ നല്ല നിന്റെ കൈ നിനക്ക് ഇടർച്ചു വരുത്തിയാൽ അതിനെ വെട്ടിക്കളകാം ഊനനായി ജീവനിൽ കടക്കുന്നത് രണ്ട് കൈയുമുള്ളവൻ ആയി കിടാത്ത തീയായ നരകത്തിൽ പോകുന്നതിനേക്കാൾ നിനക്ക് നല്ല നിന്റെ കാലിൽ നിനക്ക് ഇടച്ചു വരുത്തിയാൽ അതിനെ വെട്ടിക്കളകാം മുടന്നനായി ജീവനിൽ കടക്കുന്നത് രണ്ട് കാലുമുള്ളവനായി കിടാത്ത തീയായ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ല നിന്റെ കണ്ണ് നിനക്ക് ഇടച്ചു വരുത്തിയാൽ അതിനെ ചൂന്നുകളക ഒറ്റ കണ്ണനായി ദൈവരാജ്യത്തിൽ രണ്ട് കണ്ണുള്ളവനായി അഗ്നി നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ല അവിടെ അവരുടെ പുഴു ചാകുന്നില്ല തീ കെടുന്നതുമില്ല എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും ഉപ്പ് നല്ലത് തന്നെ ഉപ്പ് കാരമില്ലാതെ പോയാലോ എന്തൊന്നിനാൽ അതിന് രസം വരുത്തും നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും അന്യോന്യ സമാധാനമുള്ളവരുമായിരിക്കൻ